നമസ്കാരം ഞാൻ പ്രവീൺ നമ്പൂതിരി ഒറ്റപ്പാലം ഫോൺ തൊണ്ണൂറ്റഞ്ച് ഇരുന്നൂറ്ററുപത് നാൽപ്പത് മൂന്ന് ഒമ്പത് ഒന്ന് നവഗ്രഹങ്ങൾ എന്ന ഒരു വിപുലമായ ശാഖ അതിനെ പറ്റിയിട്ടുള്ള ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞത് നവഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ മോഡേൺ സയൻസുമായിട്ടിതിനെ മുഴുവൻ കൂട്ടിക്കുഴയ്ക്കരുത് എല്ലാ ചോദ്യങ്ങൾക്കും മോഡേൺ സയൻസിൻ്റെതായ രീതിയിൽ ഉത്തരം കണ്ടെത്തണം എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് ഭാരതീയമായിട്ടുള്ള ചിന്താധാരകളും നമ്മളുടെ പൈതൃകവും എല്ലാം പാശ്ചാത്യരുടേതായിട്ടുള്ള മോഡേൺ സയൻസിൻ്റെ അളവ് തൂക്കം എന്ന രീതിയിൽ തന്നെ വിലയിരുത്തണമെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് നമുക്ക് കാരണം നമുക്ക് നമ്മളുടേതായ വഴികളുണ്ട് നമ്മളുടേതായ ശാസ്ത്ര പൈതൃകങ്ങളുണ്ട് പക്ഷേ ഇതിൽ നല്ലൊരു ശതമാനവും ആധുനിക ശാസ്ത്രവുമായിട്ട് ഒത്തുപോകുന്നതാണ് എല്ലാ ചോദ്യങ്ങൾക്കും മോഡേൺ സയൻസിന്ന് ഉത്തരം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത് അപ്രായോഗികമാണ് ഏതൊരു ശാസ്ത്രത്തിനും അതിൻ്റേതായ കുറവുകളും ഗുണങ്ങളുമുണ്ട് മോഡേൺ സയൻസിനുണ്ട് നമ്മളുടെ പാരമ്പര്യ ശാസ്ത്രത്തിനുണ്ട് അപ്പം അത് മനസ്സിലാക്കിയിട്ടുണ്ട് വേണം ഇതിനെ വിലയിരുത്തി പോകാൻ അതുകൊണ്ട് നവഗ്രഹങ്ങളെന്ന ആ ഒരു വാക്കെന്നെ നമ്മൾ സ്കൂളിലും കോളേജിലുമൊക്കെ പഠിച്ചിട്ടുള്ള പ്ലാനറ്റ് ബുധൻ ശുക്രൻ ചൊവ്വ ഭൂമി വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ പ്ലൂട്ടോ പ്ലൂട്ടോ എന്ന സങ്കല്പത്തിൽ തന്നെ എടുക്കണം എന്ന് നമ്മൾ ഇതൊരിക്കലും ചിന്തിക്കരുത് കാരണം ഈ ഒരു കൺസെപ്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ ഉള്ളതാണ് നമ്മളുടെ നവഗ്രഹ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു സൂര്യനെ സൂര്യൻ നക്ഷത്രമാണ് എല്ലാവർക്കും അറിയാം പക്ഷെ സൂര്യനെ നമ്മൾ ഗ്രഹമായിട്ടാണ് കണക്കാക്ക ഗ്രഹം എന്ന പേരിലാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഗ്രഹമല്ല പഠിച്ച ഗ്രഹമല്ല ചന്ദ്രനെ ഉപഗ്രഹമെന്നാണ് മോഡേൺ സയൻസ് വിശേഷിപ്പിക്കുന്നത് പക്ഷേ നമ്മളതിനെ ഗ്രഹം എന്നു പറയുന്നത് ഈ പ്ലാനറ്റ് എന്നർത്ഥത്തിലല്ല ഭൂമി നമ്മൾ താമസിക്കുന്നത് ഒരു ഗ്രഹമാണ് പക്ഷേ അതിനെ ആ രീതിയിൽ തന്നെയല്ല നമ്മൾ ഇതിൽ കണക്കാക്കിയിരിക്കുന്നത് രാഹു കേതു അവിടെയാണ് ഏറ്റവും കൺഫ്യൂഷൻ പറഞ്ഞത് രാഹു കേതു എന്നീ രണ്ട് ഗ്രഹങ്ങൾ തന്നെ ഇല്ല അതായത് മോഡേൺ സയൻസ് അനുസരിച്ച് പറയുകയാണെങ്കിൽ പ്ലാനറ്റ് എന്ന കഥയിൽ പറയുകയാണെങ്കിൽ മോഡേൺ സയൻസ് എന്നുള്ള രീതിയിൽ രാഹു കേതു അങ്ങനെ രണ്ട് പ്ലാനറ്റുകൾ ഈ പ്രപഞ്ചത്തിലില്ല പക്ഷേ രാഹു കേതു എന്നീ രണ്ട് ഈ പോയിന്റുകളുണ്ട് അതിനെ നമ്മൾ ഗ്രഹം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതിന് എന്തുകൊണ്ട് നമ്മളെ ജീവിതത്തിൽ സ്വാധീനം വന്നു അപ്പോൾ മോഡേൺ സയൻസനുസരിച്ച് രാഹു കേതുക്കളില്ല പക്ഷെ ജ്യോതിഷപ്രകാരം രാഹു കേതുക്കളുണ്ട് ഈ രാഹു കേതു എന്നീ രണ്ട് ഗോളങ്ങളെ നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ ഗോളമെന്നോ അല്ലെങ്കിൽ പ്ലാനറ്റ് എന്ന അർത്ഥത്തിൽ ഈ പറഞ്ഞതിനെ ഒന്നും സമീപിക്കരുതെന്നർത്ഥം പിന്നെ എന്തുകൊണ്ട് ഇതിന് ഗ്രഹം എന്ന പേര് വന്നു എന്തുകൊണ്ടിങ്ങനെ വിപുലമായിട്ടുള്ളൊരു കൺസെപ്റ്റ് വിപുലമായിട്ടുള്ളൊരു ശാഖ വിപുലമായിട്ടുള്ളൊരു ആരാധനാക്രമം നമുക്ക് വന്നു എന്നതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മളിൽ സ്വാധീനം ചെലുത്തുന്ന നിരവധി കാര്യങ്ങളുടെ ഒരു പ്രതീകങ്ങളാണ് ഗ്രഹങ്ങള് നമ്മളിൽ സ്വാധീനം ചെലുത്തുന്ന എത്രയോ കാര്യങ്ങളുടെ പ്രതീകങ്ങളാണ് ഗ്രഹങ്ങൾ അപ്പോൾ വേറെ സംശയം വരാം എന്തുകൊണ്ട് ഈ നവഗ്രഹങ്ങളെ അതിൽ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ അതുപോലെ തന്നെ ശുക്രൻ വ്യാഴം ശനി ഇതിനെയൊക്കെ നമുക്ക് നഗ്ന കൊണ്ട് കാണാം ഒരു ബൈനോക്കുലറിൻ്റെ ഒന്നും സഹായമില്ലാതെ ഒരു പരിശീലനം സിദ്ധിച്ചാൽ നമുക്കെന്നെ കാണാം ആകാശം നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഇതിലുണ്ട് പിന്നെ അവ രണ്ട് പേര് എക്സ്ട്രാ ഉണ്ടെന്നേ ഭൂമിയെ വേറൊരു തരത്തിലാണ് കണക്കാക്കിയിരിക്കണതും അപ്പം എന്തുകൊണ്ട് ഗ്രഹം എന്ന ഒറ്റ പേരിൽ ഒതുക്കി ഇതിനെ ഒരു പ്രതീകങ്ങളായിട്ട് എടുത്തിരിക്കണം നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന നിരവധി കാര്യങ്ങളുടെ പ്രതീകങ്ങളായിട്ട് എന്തുകൊണ്ട് ഈ നവഗ്രഹങ്ങളെ കൽപ്പിക്കപ്പെട്ടിരിക്കണു അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് ആ അന്വേഷണം നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഭാ അവിടെയാണ് നമ്മൾ ഭാരതീയമായിട്ടുള്ള ഒരു ആരാധനാക്രമത്തിൻ്റെ കൺസെപ്റ്റിൻ്റെ ചിന്താരീതിയുടെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കുന്നത് ഭാരതീയമായിട്ടുള്ള ചിന്താധാരകളുടെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ തന്നെ ബ്രഹ്മാണ്ടത്തിൻ ബ്രഹ്മാണ്ടത്തിലുള്ളത് പിണ്ടാണ്ടത്തിലുണ്ട് പിണ്ടാണ്ടത്തിലുള്ളതൊക്കെ ബ്രഹ്മാണ്ടത്തിലുണ്ട് മൈക്രോക്രാസം ഇൻ മൈക്രോക്രാസം മൈക്രോക്രാസം ഇൻ മൈക്രോക്രാസം ഇതൊക്കെ വലിയൊരു പദങ്ങളാണ് ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മളിലുള്ളതൊക്കെ ഈ ലോകത്തിലുണ്ട് ലോകത്തിലുള്ളതൊക്കെ നമ്മളിലുണ്ട് നമ്മൾ തന്നെയാണ് ലോകം ലോകം തന്നെയാണ് നമ്മൾ തത്വമസി എന്നൊക്കെ പറയണ്ടല്ലോ അത് ബ്രഹ്മം അത് നീ തന്നെയാകുന്നു എന്ന് പറഞ്ഞാൽ ഈ ലോകമൊക്കെ നമ്മൾ തന്നെയാണ് അപ്പം അതുകൊണ്ട് നമ്മളിൽ എന്ത് മാറ്റം വരുത്തി കഴിഞ്ഞാലും അത് ഈ ലോകത്തിൽ മാറ്റം വരുത്തും ലോകത്തിലെന്ത് മാറ്റം വന്നാലും അത് നമ്മളിൽ മാറ്റം വരുത്തും അതുകൊണ്ടാണ് തത്വചിന്താപരമായിട്ടുള്ള നുറുങ്ങ് കവിതകൾ എഴുതിയ കുഞ്ഞുണ്ണി മാഷ് മഹാനായ കുഞ്ഞുണ്ണി മാഷ് അദ്ദേഹം വളരെ കുഞ്ഞുകവിതയിൽ എഴുതിയത് ഈ ലോകം നന്നാവാൻ എന്തുവഴി ഒരേ ഒരു വഴി ഞാൻ നന്നാവുക വളരെ ലളിതമായിട്ട് ഈ ഒരു തത്വത്തിനെ അദ്ദേഹം ഒരു കവിതയായിട്ട് രണ്ട് പേരി കവിതയായിട്ട് ചുരുക്കി വലിയ വലിയൊരു സത്യം നമുക്ക് മനസ്സിലാക്കി തന്നു ഇപ്പം ഈ ലോകം നന്നാവണം എന്നുണ്ടെങ്കിലും ലോകം ചീത്തയാവണമെന്നുണ്ടെങ്കിലും ലോകത്തിൽ എന്ത് മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിലും നമ്മൾ തന്നെ വിചാരിക്കണം അതിൻ്റെ ഏറ്റവും വലിയൊരു സാക്ഷ്യമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ട പ്രളയം കേരളം എന്ന ഒരു സംസ്ഥാനം മൊത്തം അതിൻ്റെ എല്ലാ ചിന്ത ഇതുവരെ ഉണ്ടായിരുന്ന സങ്കല്പങ്ങളും ചിന്തകളും അവസ്ഥകളും പരിപൂർണമായി മാറിയിട്ട് ഒരൊറ്റ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് ഒറ്റ ചിന്തയിലൂടെ മനസ്സായിട്ട് പ്രവർത്തിച്ചു ഏറ്റവും വലിയ ഈ ഭാരതീയമായ ചിന്താധാരകളുടെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് അവിടെ ഞാൻ മാറി അങ്ങനെ ഓരോ കേരളീയരായിട്ടുള്ള ഓരോരുത്തരും ഈ ജനങ്ങൾ മുഴുവൻ ഒരാഴ്ച അവരുടെ എല്ലാ ചിന്തകളും അങ്ങോട്ട് മാറിപ്പോയി ഞാൻ മാറിയപ്പോൾ നാട് മൊത്തം മാറിപ്പോയി ഞാൻ നന്നായി നാട് നന്നായി ലോകം നന്നായി ഇതാണ് നമ്മുടെ ചിന്താധാരയുടെ ഭാരതീയമായ കൺസെപ്റ്റിൻ്റെ ഏറ്റവും വലിയ മകുട ഉദാഹരണമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും മാറി ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാമുണ്ടാത്തവരും ജാതി മതവർഗ ഭേദമന്യേ വേർതിരിച്ചവരും മതിൽ കെട്ടിയവരും പറയുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് പറയാനുണ്ട് എല്ലാവരും ഒരൊറ്റ മാറ്റം അതിന് ഈ ലോകം മാറി അപ്പോൾ നമ്മളും മാറി അങ്ങനെയും പറയാം ഈ ലോകം ഈ കേരളത്തിലെ ഈ പ്രകൃതി ഒരു മാറ്റം വരുത്തി ആ മാറ്റം നമ്മളെയൊക്കെ സ്വാധീനിച്ചു ആ സ്വാധീനത്തിൻ്റെ ഫലമായിട്ട് വെള്ളം എന്നൊരു വലിയൊരു ദുര വെള്ളത്തിലൂടെ നമുക്കൊരു ഒരു ദുരന്തം കൂടെ വന്നപ്പോൾ എല്ലാവരും മാറി ചിന്തിച്ചു ഒറ്റക്കെട്ടായി അതോടുകൂടി ആ കേരളത്തിൻ്റെ ഒരാഴ്ച അവസ്ഥ തന്നെ മാറിപ്പോയി അപ്പം നാം നന്നായപ്പോൾ ലോകം നന്നായി അപ്പോൾ പ്രളയമൊക്കെ കഴിഞ്ഞ് വീണ്ടും പഴയതുപോലെ ആയി തുടങ്ങി വീണ്ടും പഴയതുപോലെ തന്നെ കേരളത്തിൻ്റെ അവസ്ഥ മാറാനും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാണ് ഭാരതീയമായ കൺസെപ്റ്റ് നാം ആണ് ഈ പ്രപഞ്ചം ഈ പ്രപഞ്ചം തന്നെയാണ് നാം അപ്പം നമ്മളിലുള്ള മാറ്റം നമ്മളിലൂടെയാണ് ഈ പ്രപഞ്ചത്തിനെ പറ്റി ചിന്തിക്കാൻ പറ്റുള്ളൂ നമ്മളാണ് ഇതിൻ്റെ ആണിക്കല് ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് നോക്കുമ്പോൾ ഈ നവഗ്രഹങ്ങളുടെ എങ്ങനെയാണ് നവഗ്രഹങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്ന എത്രയോ കാര്യങ്ങളുടെ ഒരു പ്രതീകങ്ങളായിട്ട് വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിലേക്ക് നമുക്ക് അടുത്ത ദിവസം മുതൽ വീണ്ടും കിടക്കാം നമസ്കാരം